നമ്മുടെ ഏഴാമത്തെ ലക്ഷണത്തെ കുറിച്ചാണ് പറഞ്ഞത് ജാനവിഷയത്വ സതി അപരോക്ഷത്വം അല്ല അപരോക്ഷത്വത്തിന് രണ്ടർത്ഥം പറഞ്ഞു അപരോക്ഷജ്ഞാനത്വം ജ്ഞാനവിഷയത്വം അപരോക്ഷ വിഷയത്വം അല്ലെങ്കിൽ അപരോക്ഷത്വം നാദ്യ അപരോക്ഷത്തിന്റെ അർത്ഥം അപരോക്ഷം ദ്ധീയ അപരോക്ഷം സർവസൈവ്ഞാന സ്വപ്രകാശ്രയ വ്യർത്ഥ വിശേഷണത്വ അപ്രോക്ഷ ജ്ഞാനത്വം എന്ന് പറയുന്നത് അപ്പൊ ജ്ഞാനം എന്ന് പറയുന്നത് സ്വയം സ്വപ്രകാശമാണ് എന്നാണ് ഇവിടെ പറയുന്നത് അതിനെ തന്നെ വീണ്ടും അപരോക്ഷം എന്ന് വിശേഷിപ്പിക്കേണ്ട കാര്യം ഉണ്ടെന്നാണ് വർത്തവിശേഷം അപരോക്ഷം ജ്ഞാനം എന്ന് പറഞ്ഞാൽ തന്നെ സ്വപ്രകാശമാണ് പിന്നെ അപരോക്ഷം എന്ന് പറയുന്നു സർവസീവജ്ഞാന സ്വപ്രകൃതാശ്രയണേനാ വർത്തവിശേഷണത്വ ഒന്ന് അപരോക്ഷം ജ്ഞാനത്തിന് അപരോക്ഷം എന്ന് വിശേഷം ചേർക്കേണ്ട കാര്യമില്ല ഞാൻ സ്വപ്രകാശമാണ് അപ്പം ഇവിടെ സ്വപ്രകാശമാണെങ്കിൽ അത് അപരോക്ഷമാണെന്നുള്ള രീതിയിലാണ് പറയുന്നത് ഏതാണോ സ്വപ്രകാശമായിരിക്കുന്നത് അപരോക്ഷമാണ് എന്നാണ് പറയുന്നത് അനപരോക്ഷം ഞാനാ ഭാച്ച അപരോക്ഷം അല്ലാതെ ഒരു ഞാനും ഇല്ല അപ്പൊ ഇവിടെ അപരോക്ഷം എന്ന് പറഞ്ഞാൽ സുപ്രകാശം എന്നുള്ള രീതിയിലാണ് ഇവിടെ അർത്ഥം പറയുന്നത് അപ്പോ അനപരോക്ഷം ഞാനോ അങ്ങനെ ഒന്നുമില്ല എല്ലാം ഞാനും അപരോക്ഷം തന്നെ എന്ന് പറയുമ്പോ എന്തുകൊണ്ടങ്ങനെ വരുന്നത് ഭവന്മതേ യസ് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മേ ദ ശ്രുതേഹേ കാരണം അങ്ങയുടെ അഭിപ്രായം അനുസരിച്ച് എന്താണ് അദ്വൈതി യസ് സാക്ഷാത് ബ്രഹ്മ എന്ന് പറഞ്ഞു ബ്രഹ്മജ്ഞാനമാണത് അപരോക്ഷമാണ് പിന്നെ അപരോക്ഷജ്ഞാനം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ജ്ഞാനസ്വയം അപരോക്ഷമാണെങ്കിൽ വൃത്ഥവിശേഷം ജ്ഞാനമെന്ന് മാത്രം പറഞ്ഞാൽ ശ്രുതി തന്നെ പറയുന്നു ഞാനോ അപരോക്ഷമാണ് അങ്ങനെ വരുമ്പോൾ ചോദ്യം വരും അങ്ങനെയാണെങ്കിൽ വൃത്തിജ്ഞാനമാണോ അതും അപരോക്ഷമാണ് അപ്പോൾ ഇവിടെ അപരോക്ഷം എന്ന് പറയുമ്പോൾ സ്വയംപ്രകാശം എന്നുള്ള അർത്ഥത്തിലാ പറയുന്നത് രണ്ടുമൂന്ന് തന്നെ അപ്പൊ വൃത്തിജ്ഞാനത്തിന് സ്വയം പ്രകാശം എന്ന് പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് സാക്ഷിഭാസ്യമാണ് അത് വേദ്യമാണ് സ്വയം പ്രകാശം എന്നുള്ള അർത്ഥത്തിൽ അപരോക്ഷം അതിനെ പറയാൻ പറ്റത്തില്ല അപ്പോ അതോ പറയുന്നു വൃത്തിജ്ഞാനത്തിന് ഞങ്ങൾ ജ്ഞാനമായിട്ടേ സ്വീകരിക്കുന്നില്ല അത് ബ്രഹ്മെന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ് വൃത്തിജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് വൃത്തിഅവച്ഛിന്ന ചൈതന്യമാണത് ജ്ഞാനമല്ല അതിന് ജ്ഞാനമായി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അത് വേദ്യമായിക്കോട്ടെ ദോഷവൊന്നുമില്ല കാരണം അത് എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല വേദ്യമാണ് സാക്ഷിഭാസ്യമാണ് അപ്പോൾ സ്വപ്രകാശമല്ല അപ്പം പിന്നെ അതിനെ അപരോക്ഷമായി സ്വീകരിക്കുന്നില്ല ദോഷമൊന്നുമില്ല ഒരു ജ്ഞാനമുണ്ട് അത് സ്വപ്രകാശമല്ല എന്ന് പറഞ്ഞാൽ ദോഷമല്ല അത് ജ്ഞാനമേ അല്ല വൃത്തിജ്ഞാനമെന്ന് വിവരിക്കുമെങ്കിലും അത് വൃത്തിയവിന്നമായ ജ്ഞാനമല്ല അപ്പോൾ എന്തായി ശുദ്ധമായ ജ്ഞാനം അതാണ് അപരോക്ഷവും സ്വപ്രകാശം ഉപാധിയോട് കൂടി അതിനല്ല പറയുന്നത് അത് വേദ്യമാണ് വൃത്തികൾ തന്നെ അംഗീകരിക്കുന്നുണ്ടല്ലോ അദ്വൈതികള് വൃത്തി വൃത്തിയുള്ളത് കൊണ്ട് അത് ജ്ഞാനമല്ല അപ്പൊ വിഷയങ്ങളെ കുറിച്ചുള്ള ജ്ഞാനമല്ലേ നമ്മള് ഇത് സാങ്കേതികമായി പറയുന്നതാണ് ഞാനോന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്വയം പ്രകാശമായി നമ്മളെ വ്യവഹാരത്തിൽ അത് ഞാനോന്നാണ് പറയുന്നത് പക്ഷെ അദ്വൈത പരിഭാഷയനുസരിച്ച് അത് ഞാനാ വന്നു ജ്ഞാനമെന്ന് പറയുന്നവനെന്തിനാ പറയുന്നത് ഗുണവ്യവഹാരം ഭർത്തവും ഞാനത് ഉപചാര ഭർത്തിയെ ജ്ഞാനമെന്ന് വ്യവഹരിക്കയാണ് എന്ന് പറയും വേദാന്ത പരിഭാഷ വൃത്തിയിൽ ഞാനത്ത് ഉപചാരമായി പറയുന്നു ഞാനോന്ന് പറയുന്നത് എസ് സാക്ഷാത് അപരോക്ഷാ ബ്രഹ്മ അതാണ് ഞാനോ അതുകൊണ്ട് അപരോക്ഷം ഞാനോന്ന് പറയേണ്ട കാര്യമുണ്ട് ഞാനോന്ന് പറഞ്ഞാൽ അപരോക്ഷം തന്നെ ചേർത്താൽ അത് വിശേഷം അപ്പൊ അപരോക്ഷ വിഷയത്വം എന്ന് പറഞ്ഞാലും അപരോക്ഷം ജ്ഞാനം എന്ന് പറഞ്ഞാലും ശരിയാകത്തില്ലെന്നും അപരോക്ഷജ്ഞാന വിഷയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഘാത ദോഷം അവേദ്യമായിരിക്കും അപരോക്ഷ വിഷയമാകുക അത് ശരിയാകത്തു അപരോക്ഷത്വം എന്ന് പറഞ്ഞാൽ അത് ശരിയാകത്തു വൃദ്ധവിശേഷം ഭവന്മതേ സാക്ഷാത് അപരോക്ഷ ബ്രഹ്മ വൃത്തിരൂപ ജ്ഞാനസിജ്ഞാനം നൈഷിതേ ഭവതാ വൃത്തരൂപ്ഞാനത്തിന് താങ്കൾ ജ്ഞാനമായി സ്വീകരിക്കുന്നു ജ്ഞാനമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് സ്വയംപ്രകാശമായി സ്വീകരിക്കേണ്ടി വരും സ്വയംപ്രകാശം ആപരോക്ഷും പറയേണ്ടി വരും അപ്പൊ അവരോക്ഷ ജ്ഞാനം എന്ന് പറഞ്ഞാൽ വൃത്തവിശേഷണം പക്ഷാന്തര സംഗതെ അടുത്തു പറയുന്നു എട്ടാമത്തെ ലക്ഷണം എന്താണ് ജ്ഞാന വ്യവഹാര വിഷയത്തെ സതി ജ്ഞാനാ പറഞ്ഞാണ് അഖ്യാതിവാദിനാ മറ്റൊരു പക്ഷത്തെ പറയുന്നു ചർച്ച ചെയ്താണ് സ്വപ്രതിബദ്ധ വ്യവഹാര പരാനപേക്ഷത്വം സ്വപ്രതിബദ്ധ വ്യവഹാരം അനപേക്ഷത്വം എന്ന് പറഞ്ഞാൽ അസംഭവദോഷം വരും എന്തുകൊണ്ട് ബ്രഹ്മ വ്യവഹാരത്തിനും എന്തിനെങ്കിലുമൊക്കെ അപേക്ഷിക്കേണ്ടി വരും വ്യവഹാരം വന്നാൽ അവിടെ അധിഷ്ഠാതികളൊക്കെ അപേക്ഷിക്കേണ്ടി വരും ആ സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു സജാതീയ പരത്തെ അപേക്ഷിക്കുന്നു എന്തിനും സജാതിയോന്ന് പറഞ്ഞു എന്നുള്ളതാണ് പക്ഷെ അതിനും പിന്നെ ദോഷം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു സ്വപ്രതിബദ്ധത സജാതിയെ പര അനവേഷത്തോന്ന് പറഞ്ഞാലും ദോഷം വരുന്ന എന്തുകൊണ്ട് വരും സത്ത ദോഷം വരും എങ്ങനെ പ്രതിപാദികൾ അതിവേദ്യം ജ്ഞാന അവിഷയത്തിന്റെ സതിഅപരോക്ഷത്വം പൂർവ്വം ഇത്തരം ഏതു തദ്വ്യവഹാര വിഷയത്വം ഇതിരാവസര സപ്തമവും ദശവും തമ്മിൽ സങ്കരമില്ല രണ്ടും ഒന്നായി പോകുന്നില്ല സപ്തമത്തിൽ പറഞ്ഞ എന്താണ് ജ്ഞാന അവിഷയത്വം എന്നാണ് സതിഅരോക്ഷത്വം ഇവിടെ ഒന്നുകൂടെ കൂട്ടിച്ചേർത്ത ദശമ ജ്ഞാന അവിഷയത്വം തന്നെ ഇവിടത്തെ അവൈദ്യത്വം അതിന് മാറ്റമില്ല അവരോക്ഷത്വം കൂടെ പറഞ്ഞത് അവരോക്ഷ വ്യവഹാര വിഷയത്വം വ്യത്യാസം രണ്ടുപേർ ലക്ഷണമെല്ലാം നിർത്ഥം വ്യവഹാര അനങ്കീ കർണാദ് മുക്തിദശയിൽ വ്യവഹാരമില്ലാതുകൊണ്ട് വ്യവഹാര വിഷയത്വവും മരത്തില്ലാതെ അഭ്യാപ്തി ദോഷം അത് ഉത്തം തദ്്യത്വം അത് പരിഹരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു തദ്ോഗ്യത്വം പറഞ്ഞു വ്യവഹാരം വേണ്ട വ്യവഹാരത്തിൻ്റെ യോഗ്യത മതി എന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞിങ്ങനെ ഈ ഓരോരോ ദോഷങ്ങൾ പറയുന്ന വിനയ മതി വികസനായ എന്ന് പറഞ്ഞു അടുത്തു പറയുന്നത് പൂർവപൂർവ ദോഷങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അത് എങ്ങനെയെന്ന് പറയുന്നു അഥവാ അടുത്തു പറയുന്നു അർത്ഥാന്തരത നിവർത്തിയ ദിതിയുദ്ധാനം ഒന്നാമത്തെ ലക്ഷണം സ്വച്ഛസു പ്രകാശിച്ച എന്ന് പറഞ്ഞാൽ എവിടെ പോവും ദീപത്തിൽ പോവും അർത്ഥാന്തര പ്രാപ്തമാവും അതൊഴിവാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു രണ്ടാമത് അപ്പൊ ഒന്നിന് ദോഷം ഉള്ളതുകൊണ്ടാണ് രണ്ടാമത്തെ പറഞ്ഞത് സസ്യസ്വാമിയെ പ്രകാശ എന്ന് പറഞ്ഞാലോ അതിന് ദോഷം പറയുന്നു വിരോധപരിഹാരായ തൃത്തിയെ മൂന്നാമത്തെ അവിടെ വിരോധം വന്നു എന്ത് വിരോധം കർമ്മകർത്തർ വിരോധം വന്നു മൂന്നാമത് ഘടാതവും അതിവ്യാപ്തി ചതുർത്ഥ നാലാമത്തെ സജാതീയ പ്രകാശ അപ്രകാശ്യത്തും ഘടത്തിലും പോയി ഘടവും സജാതീയമായ ഘടം പ്രകാശിപ്പിക്കാൻ കഴിയില്ല അങ്ങനെ പറയുന്നത് ഘടാദവ് അതിവ്യാപ്തി ചതുർത്ഥം പഞ്ചമന്തിനാണ് സുഖാതവ് അതിവ്യാപ്തി എന്ന് പറയ പഞ്ചമഹ സായം പ്രകാശ വ്യതിരേക വിരഹിതത്വം അതില് എവിടെ പോകുന്നു പോകുന്നു അതുകൊണ്ട് പഞ്ചമം വന്നു അതിലെന്താണ് ദോഷം അതുപറയുന്നു അടുത്തത് പ്രദീപെ അതിവ്യാപ് പരിഹാരമായ ശ്രഷ്ട സ്വ്യവഹാര ഹേതുപ്രകാശത്വം എന്ന് പറയുന്നത് ദീപത്തിലുമുണ്ട് ദീപവും ദീപവ്യവഹാരത്തിന് ഹേതുവായ പ്രകാശമാണെന്താ ദീപപ്രകാശം അത് മുമ്പ് വിശദീകരിച്ചാണ് അവിടെ ദീപവ്യവഹാരം എന്ന് പറയുന്നത് എന്താണ് ാണോ പറഞ്ഞു പോയോ എന്നാണോ പറഞ്ഞു പറഞ്ഞു വിട്ടുപോയാ പറ്റത്തില്ല ഇത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഞാൻ പറഞ്ഞില്ല നിങ്ങളൊക്കെ ഇപ്പൊ അങ്ങനെ പറയുന്നു എന്നെ പ്രതിക്കൂട്ടലാക്കുന്ന കാര്യമാണ് എന്താണ് ഞാൻ പറഞ്ഞത് ദീപ ഏതാണോ പറഞ്ഞത് ണോ പറഞ്ഞു ബാക്കിയുള്ളവർ കേട്ടവരെക്കാളും കൂടുതൽ കേട്ട കേട്ടിട്ടും അത് തന്നെ പറയുന്നു കൂടുതൽ കേട്ട ആളും കുറച്ച് കേട്ടവരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ഒരിക്കൽ കേൾക്കുന്നതില് അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും പോരായ്മ അത് പരിഹരിക്കാനാണ് വീണ്ടും പറയുന്നതും കേൾക്കുന്നതും ചിലപ്പോൾ ഞാൻ പറയുന്നതിനുള്ള പോരായ്മ കൊണ്ടും നിങ്ങൾക്ക് ഗ്രഹിക്കാതിരിക്കാം രണ്ടു തരത്തിലും വരാം ഒന്നും ചോദിച്ചില്ല പ്രശ്നം തീർന്നു പ്രശ്നം തീർക്കാനാണെങ്കി ഒന്നും ചോദിച്ചില്ല എന്തായിരുന്നു ചോദിച്ചത് ഇവിടെ പറഞ്ഞിരിക്കുന്നു പ്രദീപതിവ്യാപ്തി പരിഹാരമായ ശ്രഷ്ട പ്രദീപ് അതിവ്യപ്തി എങ്ങനെ ഉണ്ടായി എന്നാ കണ്ണൂടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് സ്വവ്യവഹാരം ഏത് പ്രകാശത്വം ആ ദീപത്തിൽ എങ്ങനെ വന്നു ഞാൻ അപ്പൊ പറഞ്ഞു ദീപപ്രകാശം എന്ന് പറയുന്ന ഒരു വ്യവഹാരമാണ് ദീപപ്രകാശം ഒരു വ്യവഹാരമാണ് അപ്പോ അതിന്റെ ഹേതുത്തോടെ ഒരു ദീപത്തിൽ വരും ദീപം പ്രകാശിക്കുന്നതിന് ഹേതു എന്താണ് ദീപം ദീപം പ്രകാശിക്കാന്ന് പറയുന്ന ഒരു ക്രിയയാണ് ദീപത്തിന്റെ ക്രിയ അതിൻ്റെ ഏത് ഇവിടെ വന്നു ദീപത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ അതിനാണ് ആറാമത്തെ പറഞ്ഞത് അതിനും ദോഷമൊന്നും ഉണ്ട് അതുകൊണ്ട് ആറ് പറഞ്ഞു ഇനി പറയുന്നു സപ്തമ അഷ്ടമ നോമേഷു ച ഉക്തമേവ എന്ന് പറഞ്ഞാ എന്താ അർത്ഥം സപ്തമ അഷ്ടമ നോമേഷു ഉക്തമേവ എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം എന്ന് പറഞ്ഞ പോരാ എന്നു പറഞ്ഞ പോരാ അതിന്റെ അർത്ഥം പറയണം ഇതുവരെ വായിച്ചത് വെച്ച് അതിന്റെ അർത്ഥം പറയണം സപ്തമ അഷ്ടമ നോമേഷിച്ച ഉക്തമേവാന്ന് പറഞ്ഞ എങ്ങനെ പറയും ഇതിന്റെ അർത്ഥം കറക്റ്റായി പറയാമെങ്കിൽ സപ്തമ അഷ്ടമ നോപേക്ഷിച്ച ഉക്തമേവ അതിന്റെ ശരിയായ അർത്ഥം ഈ മുമ്പ് പറഞ്ഞ രീതിയിൽ എന്നൂടെ പറയാം ഇതിന്റെ അർത്ഥം പറയണം വ്യക്തമായി പറയണം പറയുമ്പോ എനിക്ക് മനസ്സിലായ പോരാ പറയുന്ന നിങ്ങൾക്കും മനസ്സിലാവണം ഇതും പറയുന്ന എനിക്ക് മനസ്സിലാകാൻ പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാകേണ്ട കാര്യമില്ല അതുപോലെ പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാവണം എനിക്കും മനസ്സിലാവണം ഞ്ഞത് ശു വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം പറയാൻ പറ്റും മുമ്പ് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ച് വായിച്ചാൽ കറക്റ്റ് ആയിട്ട് ഇത് വിശദീകരിക്കും ഇതല്ല ഞാൻ പറയുന്ന ഇതിന്റെ ഒരു വ്യാഖ്യാനമാണ് അപ്പോഴാണ് എത്ര കറക്റ്റായിട്ട് എത്ര ഷാർപ്പായിട്ട് ചിന്തിക്കുന്നു അങ്ങനെയുള്ള ചിന്ത അവിടെ ആവശ്യം അത് വളരെ എന്താണ് അനുഭവം നല്ല ആക്യുറസി വേണം എന്നാൽ സംഗതി ശരിയാകത്തുള്ളൂ അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും കേട്ടുപോകുന്ന രീതിയിലത് മനസ്സിലാക്കാൻ പറ്റില്ല അത് കഴിഞ്ഞു ഇനി സപ്തമോ അഷ്ടമോ നോപേക്ഷിച്ച ഉത്തമയോ അങ്ങനെ പറഞ്ഞ നിങ്ങക്ക് വ്യക്തമാ എനിക്ക് വ്യക്തമാവുന്നില്ല പോരാ അതായത് ഇനി നിങ്ങളാരെങ്കിലും ഇങ്ങനെ വന്നാൽ നിങ്ങൾ പറയുക അതിന് ഞാനങ്ങ് പറഞ്ഞേക്കറിയില്ല നിങ്ങൾ വെറുതെ സമയം കളയാവുന്നേ ഉള്ളു അതായത് ഉക്തമേവാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ് സപ്തമേ ദോഷ പരിഹാരായ അഷ്ടമേ ദോഷപരിഹാരായ നവമഹ നവമേ ദോഷപരിഹാരായ ദശമഹ അതുവരെ ചിന്തിക്കണം എന്നാലേ ശരിയാവും ശരിയായാ അഷ്ടമേ ദോഷപരിഹാരായ സപ്തമേ ദോഷപരിഹാരായ അഷ്ടമ അഷ്ടമേ ദോഷപരിഹാരായ നവമ നവമേ ദോഷപരിഹാരായ അതല്ലേ ഉക്തമേവ എന്ന് പറഞ്ഞു മുമ്പ് എന്താ പറഞ്ഞു ഓരോ സ്ഥലത്തും ദ്വിതീയത്തിൽ പരിഹരിക്കാൻ തൃതീയ തൃതീയത്തിൽ ചതുർത്ഥം അപ്പൊ ഇവിടെ സപ്തമ അഷ്ടമ നവമെന്ന് പറയുമ്പോൾ ഏതുവരെ പോണം ദശമം വരെ പോണം എന്നാലേ ഇതിന്റെ അർത്ഥം ശരിയാകത്തുള്ളൂ എന്നുവെച്ചാൽ സപ്തമത്തിൽ ദോഷം പരിഹരിക്കാൻ വേണ്ടി അഷ്ടമം അഷ്ടമത്തിൽ ദോഷം പരിഹരിക്കാൻ വേണ്ടി നവമം നവമത്തിൽ ദോഷം പരിഹരിക്കാൻ വേണ്ടി ദശമെന്ന് പറയുന്നതിന് പകരം സപ്തമ അഷ്ടമ നോമേഷ് ഉക്തമേവാ എന്ന് പറയും ഇപ്പോൾ പറയുന്നത് ഉക്തം ഏവാ എന്ന് പറയുമ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ വരണം വരണമെങ്കിൽ എന്ത് വേണം ദശമം വരെ എത്തിയാലേ മുമ്പ് പറഞ്ഞതുപോലെ ആവത്തുള്ളൂ അവിടെ ഓരോന്നിനും ദോഷപരിഹാരായ അനന്തരം അങ്ങനെയാണെങ്കിൽ മൂന്നെണ്ണത്തിൽ ദോഷം പരിഹരിക്കണമെങ്കിൽ എന്ത് വേണം നാലു വരെ എത്തണം അത് ഉക്തമേവാന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ദോഷപരിഹാരങ്ങളെല്ലാം ഇത് മുമ്പ് പറഞ്ഞെടുത്ത ഉണ്ടെന്നർത്ഥം ഞാൻ ആ വിഷയത്തിൽ സത്യം ആ വിഷയ അപരോക്ഷത്തും പറഞ്ഞല്ലോ അതിലെ ദോഷം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത് അഷ്ടമം കാരണം അതിൽ ദോഷം പറഞ്ഞു ഞാനാവിഷയത്വ സ്ഥിതി അവരോഷത്വത്തിലെ ദോഷം ഇവിടെ പറഞ്ഞില്ലേ ഞാനാവിഷയത്വം എന്നതും അവരോഷത്വം എന്ന് പറയുന്നതിനും അവരോഷത്വത്തിന്റെ അർത്ഥം ചോദിച്ചു അവരോഷം ഞാനാ വിഷയത്വമാണെങ്കിൽ ഞാനാ വിഷയത്വം വിരോധം വരുമെന്ന് പറഞ്ഞു അത് വ്യാഖ്യാതാവ് തന്നെ മുമ്പ് വ്യാഖ്യാനിച്ചതെന്ന് നടക്കും ആ വ്യാഖ്യാനത്തിലുണ്ടത് അതുകൊണ്ടെന്ന് പറഞ്ഞു അഷ്ടമം അഷ്ടമം വന്നതെന്താണ് വ്യവഹാര വിഷയത്തിൽ അതും വ്യാഖ്യാതാവുക തന്നെ പറഞ്ഞു എന്തുകൊണ്ട് അഖ്യാതവാദിയിലെ പക്ഷത്തിൽ സംസർഗത്തിൽ വന്നു വ്യവഹാര വിഷയത്തെ സ്ഥിതി ഞാനോ വിഷയത്തിൽ ഇനി അഷ്ടമത്തിലെ ദോഷം പരിഹരിക്കുന്നതിന് നവമം ഇനി നോമത്തില ദോഷം അവിടെ ഇത്രയും പറഞ്ഞു എന്താണ് ദീപത്തിനും മറ്റും അവിടെ ഇത്രയേ പറഞ്ഞുള്ളൂ എന്നാണ് സജാതീയത്വം ചേർത്തത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നവിടെ പറഞ്ഞു എന്നുവെച്ചാൽ അതിലും ദോഷമുണ്ടെന്ന് അർത്ഥം അത് വെച്ച് മനസ്സിലാക്കിക്കൊണ്ടുവന്നുകൊണ്ട് മുമ്പ് വരും ദീപത്തിലും മറ്റും പോവും അത് വേണ്ടി ദശമം പറഞ്ഞു അതെന്താണെന്ന് അടുത്ത് പറയുന്നു നോമേഷു ദോഷപരിഹാരായ ദശമം പറഞ്ഞു ദശമം എന്താണ് അവസ്യ അപരോക്ഷഹാര വിഷയത്വം അത് പറയുന്നു പ്രതി പ്രദീപെ അതിവ്യാപ്തി എന്ന് ദശമഹ അതായത് സ്വപ്രതിപദ്ധ്യവഹാരെ സ്വജാതീയപര അനവേഷത്വത്തിൽ ഇത്രയും നേരത്തെ പറഞ്ഞുള്ളൂ എന്താണ് സജാതീയത്വം എന്ന് പറഞ്ഞ എന്തിനാണ് പക്ഷെ അവിടെ ദോഷമെന്ന് പറയുന്നത് എന്താണ് അത് പ്രതിഭത്തിൽ പോവും അതുകൊണ്ട് ദശമം പറഞ്ഞു അതിൽ ദോഷമുള്ളതുകൊണ്ട് അതുകൊണ്ട് സപ്തമ അഷ്ടമ നവമേഷു പരിഹാര എന്താണ് സപ്തമേ പരിഹാരായ അഷ്ടമ അഷ്ടമേ പരിഹാര നോമ നോമത്തിലെ ദോഷപരിഹാരം വ്യക്തമായി പറഞ്ഞില്ല നവമത്തില് സജാതീയ ഗ്രഹണവന്ധന എന്നേ പറഞ്ഞുള്ളൂ ഇപ്പൊ പറയുന്നു അതിലെ ദോഷം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദശമം അതിലെ ദോഷം എന്താണ് പ്രതിഭത്തിൽ അറിയാപ് ദശമം നടത്തും അപ്പം ദശമത്തിലെ ദോഷം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഏകാദശം പറഞ്ഞു ഇവിടെ ഒന്നിലെ ദോഷം പരിഹരിക്കുക രണ്ട് രണ്ടിലെ മൂന്ന് മൂന്നില് നാല് നാല് അഞ്ച് ഓരോന്നും എന്തിനെന്തിനും പറഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ഏതുവരെ പറഞ്ഞു ഏകാദശം അപ്പൊ ഏകാദശം എന്ന് പറയുന്നത് ദശമ തല ദോഷം പരിഹരിക്കും പറഞ്ഞു എന്തിനു പതിനൊന്ന് പറഞ്ഞു അപ്പൊ പൂർവ്വപൂർവ ദോഷ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉത്തരോത്തരം എന്നാ പറഞ്ഞിരിക്കുന്നത് ശം കഴിഞ്ഞ് അതിലെന്ത് ദോഷമൊന്നും പറയുന്നില്ല എന്തുകൊണ്ട് ആ അത് കഴിഞ്ഞ് വേറെ ലക്ഷണം പറഞ്ഞില്ല അതുകൊണ്ട് ഇവിടെ ഇപ്പം ദോഷം എന്തെന്ന് പറയേണ്ട കാര്യമില്ല ഒന്നിന് കഴിഞ്ഞ് രണ്ടന്തിന് പറഞ്ഞു ഒന്നിന് ദോഷം ഉള്ളു കഴിഞ്ഞ് മൂന്നെന്തിന് പറഞ്ഞു രണ്ടില് ദോഷമുണ്ട് മൂന്ന് കഴിഞ്ഞ് നാലെന്തിന് പറഞ്ഞു അങ്ങനെ അങ്ങനെ അങ്ങനെ പത്തിൽ ദോഷമുള്ളത് കൊണ്ട് പതിനൊന്ന് പറഞ്ഞു അങ്ങനെയും പറയാം ഓരോന്നിലെയും ദോഷം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്തു പറഞ്ഞിരിക്കുന്നതാണ് അഥവാ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അത് അടുത്ത് പറയുന്നു ഏകാദശി അഭി ഉപ്തം പ്രദീപെ അതിവ്യാപ്തി എന്ന് വിളത്തിശമു അതുകൊണ്ട് ഏകാദശം പറഞ്ഞു ദശമത്തിൽ ദോഷം പരിഹരിക്കുന്നതിന് വേണ്ടി എന്ത് പറഞ്ഞു ഏകാദശം ആ ദശമത്തിൽ എന്താ ദോഷം പറഞ്ഞത് നേരത്തെ പറഞ്ഞു എന്താണ് ദശമത്തില് മുക്തിദശാ വ്യവഹാര അനംഗീകരണാ വ്യാപ്തി അതാണ് ദശമത്തിലെ ദോഷം ആണ് ഏകാദശ് അഭിയുക്തം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഏകാദശ് അഭിയുക്തമെന്ന് പറഞ്ഞാൽ എന്താണോ എന്താണ് ആ ദശമേ ദോഷനിവാരണായ ഏകാദശവും പറഞ്ഞു എന്നാണ് അപ്പൊ ഏകാദശിയുക്തം എന്ന് വെച്ചാൽ ഏകാദശ വിഷയെ അഭ്യുക്തം ഏകാദശം എന്തിനു പറഞ്ഞു അക്കാര്യവും പറഞ്ഞു എന്തിനു ദോഷ ദശമത്തിൽ ദോഷപരിഹാരായ എന്നർത്ഥം അപ്പൊ ഏകാദശിയെ സപ്തമിയാണെങ്കിൽ എന്താണ് ഏകാദശ വിഷയത്തിലും സമാധാനം പറഞ്ഞു കഴിഞ്ഞു ഏകാദശം പറഞ്ഞത് എന്താണ് ദശമത്തിലെ ദോഷം പരിഹരിക്കാൻ വേണ്ടി ദശമത്തിലെ ദോഷം എന്താണെന്ന് നേരത്തെ പറഞ്ഞു ഏകാദശ അഭിയുക്തമെന്ന് പറയുന്നത് ഏകാദശ ലക്ഷണവിഷയെ അഭി ദശമ ദോഷ ഇതി ഉക്തം എന്നർത്ഥം കൊടുക്കുന്നു അതിനപ്പുറം പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ട് അതിനപ്പുറം പറഞ്ഞില്ല അപ്പോൾ ആ ലക്ഷണത്തിൽ എന്താ ദോഷം എന്നുകൂടെ ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പറയുന്നൊരു താല്പര്യം എന്താണ് ഈ ഏകാദശമാണ് സിദ്ധാന്തിക്ക് സമ്മതമായ ലക്ഷണം അതിൽ ദോഷം കണ്ടുപിടിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഏകാദശം എന്താണ് അവേദ്യത്യസതി അപരോക്ഷോഹാര യോഗ്യത്വം എന്ന് പറയുന്നതാണ് സ്വയം പ്രകാശത്തിന്റെ ലക്ഷണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഏകാശ്യതി ഉക്തം ഇനിയൊന്നും പറയാനില്ല ദോഷം പറയാനില്ല ഇത് സംഭവത്തേവ സർവത്ര പൂർവ അനുഭവത്തി പരിഹാരമായ ഉത്തരോത്തരം പറഞ്ഞു അതുകൊണ്ട് ഇങ്ങനെയും പറയാം നേരത്തെ പറഞ്ഞത് കേവലം ശിഷ്യമതി വികാസായെന്ന് പറഞ്ഞത് ഇപ്പോൾ അത് മാത്രമല്ല ഓരോന്നിനെയും ദോഷം കണ്ടുകൊണ്ടാണ് അടുത്ത് പറയുന്നത് അങ്ങനെയും വ്യാഖ്യാനിക്കുക രണ്ടു തരത്തിലും ആകാം അത് ശരിയാണ് അതാണ് പൂർവപൂർവ്വ അനൂപത്തി പരിഹാരമായ ഉത്തരോത്തര ഉപന്യാസ പൂർവപൂർവ്വ ദോഷങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഉത്തരോത്തരം പറയുന്നത് പിന്നീട് പന്ത്രണ്ടാമത്തെ ദ്വാദശലക്ഷണം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഏകാദശ ലക്ഷണമാണ് യഥാർത്ഥ ലക്ഷണം എന്നാ ദോഷമോ അത് പൂർവക്ഷിയുടെ ജോലി എന്ന് പറയുന്നത് എന്താണോ ദോഷം പറയുക വാസ്തവത്തി ഒരു ലക്ഷണത്തിലും ദോഷമുണ്ട് ഒരു ലക്ഷണത്തിലും ദോഷമില്ല സിദ്ധാന്തമനുസരിച്ച് ഏതുപോലെ എന്ന് വെച്ചാൽ ഇപ്പം ഗന്ധവപ്പും പ്രതിവ്യാഹലക്ഷണവും പറഞ്ഞു അപ്പോ പൂർവക്ഷി പറയാണ് കാല അതിവ്യാപ്തി എന്ന് പറയുന്നു എങ്ങനെയാണ് കാലത്തിലതിവ്യാപ്തി ഒന്ന് കാലത്തിലതിവ്യാപ്തി ഒന്ന് എങ്ങനെയാണ് അവിടെ ചർച്ച ാണോ പറഞ്ഞോ ഏ കേട്ടില്ല കാലസംബന്ധോ അവിടെ പറഞ്ഞതാണ് അപ്പോ പറഞ്ഞു സോവായന ഗന്ധവത്വം കാലിക സംബന്ധത്തിൽ കാലത്തിൽ പോവും അത് പരിഹരിക്കുന്നതിന് വേണ്ടി എന്ത് പറഞ്ഞു ലക്ഷണത്തെ പരിഷ്കരിച്ചും സമവായന ഗന്ധവത്വം ഉത്തണ അവൻ വേണ്ടി എന്തു പറഞ്ഞു അന്ന് നമ്മൾ പഠിച്ചതാണ് മഴ പെയ്ത് ബ്രെയിൻ എല്ലാം കുതിർന്നു പോയെന്നാ തോന്നുന്നു വർക്ക് ചെയ്യുന്നില്ല ഫങ്ഷൻ ശരിയല്ല ഹീറ്റാക്കണം രാവിലെ ഒന്നും കഴിക്കാത്തോണ്ടാണോ നിങ്ങൾ വിചാരിച്ചുവോ നല്ല ചാപ്പാടൊക്കെ കഴിച്ചു എന്നൊക്കെ പറയുന്നു ഞങ്ങളതുപോലെയാണോ വിചർന്നിരിക്കേ ഇനി അതാണ് പ്രശ്നം എന്താ പ്രശ്നം ഗന്ധ സമാനാധിക ദ്രവ്യത്വ വ്യാപി ജാതിമത്വം എന്ന് പറഞ്ഞു അപ്പൊ ഘടത്തിലും അതുണ്ട് അങ്ങനെയൊക്കെ ദോഷങ്ങൾ പറയുന്നു പരിഹരിക്കുന്നു അവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ താർക്കികൻ ലക്ഷണം പറയുമ്പോ മൊത്തം തർക്കസങ്ക നമ്മളെവിടെയൊക്കെ പഠിച്ചു അവിടെ എല്ലാം താർക്കിക പദമനുസരിച്ചാണ് ദോഷം പറയുന്നത് കാലിക സംബന്ധത്തിൽ ഗന്ധം കാലത്തീരിക്കും ആരാ പറയുന്നു താർക്കികൻ ഉത്പന്നം ക്ഷണം ഉത്പന്നം ദ്രവ്യക്ഷണം നിർഗുണം നിഷ്ക്രിയ തിഷ്ടതി എന്നാരാ പറയുന്നു അവരുടെ പക്ഷത്തിൽ ദോഷം പറയുമ്പോൾ അത് പരിഹരിക്കുക ചെയ്യുന്നത് ലക്ഷണത്തിലെ ദോഷങ്ങളെല്ലാം പരിഹരിക്കും ഇതേ നടക്കത്തുള്ളൂ ഇവിടെ എന്താ ചെയ്യുന്നത് ഇവിടെ അദ്വൈത ലക്ഷണം പറയുമ്പോൾ മറ്റുള്ളവരുടെ പക്ഷത്തിലാണ് ദോഷം പറയുന്നത് താർക്കിയും പറയും ഞങ്ങളുടെ അനുഭവസായം പ്രഭാകരം പറയും ഞങ്ങളുടെ ചിപ്തിരചത സംസർഗം ഇങ്ങനെ മറ്റു പക്ഷങ്ങളിലാണ് ദോഷം പറയുന്നത് വാസ്തവത്തിൽ അതിന്റെ ആവശ്യമല്ല ഒരു ലക്ഷണം പറയുമ്പോ അദ്വൈതിയുടെ പക്ഷത്തിൽ കൊണ്ടായാലും എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചാൽ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലക്ഷണം പറയുകയാണ് ചരവാകന്മെന്ന് പറയുന്നു അങ്ങനെ ഒരു സാധനമേ ഇല്ലെന്ന് പിന്നെന്ത് പറയും അങ്ങനെ ഒരാത്മാവേ ഇല്ല പിന്നെ ലക്ഷണം ഉണ്ടാക്കാൻ പറ്റൂ സംവാദത്തിനൊന്നും പ്രസക്തില്ലാതാവില്ല സംവാദങ്ങൾക്കൊന്നും പ്രസക്തി ഇല്ലാതാവില്ലേ ബൌദ്ധനും മീമാംസകനും തമ്മിലുള്ള അല്ലെങ്കിൽ താർക്കികനും തമ്മിലുള്ള സംവാദം അത് തന്നെ അതിന്റെ കാര്യം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ താർക്കികൻ ലക്ഷണം പരിഷ്ക്കരിക്കുമ്പോ ബാക്കിയുള്ളവരുടെ അഭിപ്രായത്തിൻ അത് ചെയ്യുന്നില്ലല്ലോ അവരുടെ പക്ഷത്തുള്ള ദോഷങ്ങളല്ലേ പരിഹരിക്കുന്നു അപ്പൊ അവരുടെ പക്ഷം ദോഷമുക്തമല്ല എന്ന് തെളിയിച്ചു കൊടുക്കാണ് സിദ്ധാന്തം അല്ലേ അവരുടെ പക്ഷം ഒരിക്കലും ദോഷം അപ്പൊ ഇവിടെ എന്താ വരുന്നത് മറ്റുള്ളവരുടെ പക്ഷത്തിൽ നിന്ന് ദോഷങ്ങൾ വരുന്നു അങ്ങനെ വരുമ്പം അവരുടെ പക്ഷങ്ങളിൽ നിന്നുകൊണ്ട് പരിഹരിക്കണം അങ്ങനെ വരുന്നു അപ്പൊ ഇങ്ങനെ വന്നുകഴിഞ്ഞപ്പോ ഞാൻ എന്റെ സിദ്ധാന്തം അനുസരിച്ച് ഒരു സിദ്ധാന്തം പറയും മറ്റുള്ളവർ അവരുടെ സിദ്ധാന്തത്തിൽ കൊണ്ട് ദോഷം പറയുന്നു അത് മര്യാദയ്ക്ക് അവരുടെ അടുത്ത് വാദപ്രതിവാദം നടത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ഖണ്ഡനഖണ്ഡാദികാരൻ എന്തു ചെയ്തു അവിടെ വിദണ്ഡാവാദം ഉപയോഗിച്ച് വിദണ്ഡാവാദം ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഒന്നും ശരി നിങ്ങള് നിങ്ങളുടെ സിദ്ധാന്തം അനുസരിച്ചല്ലേ നിങ്ങൾ ദോഷം പറയുന്നു നിങ്ങളുടെ സിദ്ധാന്തം ശരിയല്ല നിങ്ങളുടെ സിദ്ധാന്തമനുസരിച്ച് നിങ്ങൾ ദോഷം പറയണമെങ്കിൽ നിങ്ങളുടെ സിദ്ധാന്തമേ ശരിയട്ടെ അപ്പം പിന്നെ അതനുസരിച്ച് ദോഷം പറയാൻ പറ്റില്ലല്ലോ ഉദാഹരണം പറഞ്ഞപ്പോൾ സജാതിയെ പ്രകാശ എന്ന് പറഞ്ഞു ഖണ്ഡന താരം പറയും ലക്ഷണമേ ശരിയില്ല എന്തുകൊണ്ട് സജാതീയം അങ്ങനെ ജാതി എന്ന് പറയുന്നൊരു പദാർത്ഥമേ ശരിയാണ് എന്നിട്ട് ജാതിയെ ഖണ്ഡിക്കും എന്നിങ്ങനെ ഒരു ലക്ഷണം പറയാൻ പറ്റും എന്റെ ആവശ്യമുണ്ട് ജാതി എന്ന് പറയുന്ന ഒരു പദാർത്ഥമേ ഇല്ല പതിന്നും കൊണ്ട് അത് പ്രദീപത്വജാതിയാണോ കടുത്താതിയാണോ സത്ത ജാതിയാണോ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല അങ്ങനെയൊരു സാധനമേ ഇല്ല അപ്പോൾ അവരുടെ പദാർത്ഥ ലക്ഷണങ്ങളെ ഖണ്ണിക്കുക അതാണ് അപ്പം അവരുടെ എല്ലാത്തിനെയും ഖണ്ണിക്കുന്നു ലക്ഷണമൊന്നും നിർവചിക്കാൻ കഴിയത്തില്ല അങ്ങനെ നിങ്ങളുടെ സിദ്ധാന്തം എന്നാ ഞങ്ങളുടെ സിദ്ധാന്തം അനിർവചനീയം അങ്ങനെ നിർവചിക്കാൻ പറ്റത്തില്ല ആ രീതിയാണ് അവിടെ സ്വീകരിച്ചിരിക്കുന്നത് എന്താ ഖണ്ഡനം പഠിക്കുന്നു അവിടെ ചെന്നാൽ അത് മനസ്സിലാവും അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നു അദ്വൈതി വിട്ടുവീഴ്ച ചെയ്യുകയാണ് അങ്ങനെ നിങ്ങളുടെ സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങളുടെ ലക്ഷണം ഞങ്ങൾ ശരിയാകും അതിനനുസരിച്ച് തന്നെ കാരണം അവർ അനുവദസായെന്ന് പറഞ്ഞാൽ ശരി ഞങ്ങൾ സ്വീകരിച്ചു പ്രഭാരം പറഞ്ഞാണോ അഖ്യാതിവാദം അത് സ്വീകരിച്ചു അതൊക്കെ അദ്വൈതിക്ക് സമ്മതമല്ല അതെല്ലാം നിന്നുകൊണ്ട് അതിനെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഞങ്ങളിതാ ഞങ്ങളുടെ ലക്ഷണത്തെ പറയാണ് അതുകൊണ്ടാണ് ഇതിനെ വാദ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ കൂടെ സ്വീകരിച്ചുകൊണ്ട് അതിന് മറുപടി പറയുക അങ്ങനെ പറയുമ്പോൾ അദ്വിധിയുടെ സിദ്ധാന്തത്തിനേയും സ്വീകരിക്കേണ്ടി വരും അവർക്ക് കാരണം നമ്മൾ നിങ്ങളുടെ അഭിപ്രായത്തെ സ്വീകരിച്ച നിങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായവും സ്വീകരിക്കേണ്ടി അപ്പൊ അതെങ്ങനെ പറയും ഇവിടെ നിങ്ങള് ആസ്തികന്മാരെ ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുന്നുണ്ടല്ലോ അത് ശ്രുതിയുടെ അർത്ഥങ്ങൾ കൂടെ സ്വീകരിക്കേണ്ടി വരും അങ്ങനെ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ബ്രഹ്മ അപരോക്ഷമാണെന്ന് ഞാൻ അതൊന്നും പറഞ്ഞാൽ പിന്നെ നിൽക്കില്ല കാരണം ശ്രുതി പറഞ്ഞിരിക്കുന്നു അപ്പോൾ എതിരാളികൾക്ക് അനുസരിച്ച് ശബ്ദപ്രമാണത്തെ സ്വീകരിക്കുന്നവരാണെങ്കിൽ എന്തെയും അംഗീകരിച്ച് അദ്വൈതം സമൃദ്ധിക്കും അല്ലെങ്കിൽ ഇനി ചറവാകനെ പോലെയുള്ളവരാണെങ്കിലോ അവർ പറയുന്നത് യുക്തിയുണ്ടെന്ന് നിഷേധിക്കും അവർ പറയുന്ന ഒരു ആത്മാവിന്റെ ആവശ്യമില്ലാത തുടങ്ങിയ വ്യക്തികൾ ഉപയോഗിച്ചിട്ട് എന്തെയും അവരുടെ ഇതിനെ ഖണ്ിക്കും ിക്കും അങ്ങനെ വാദകഥയിലാണ് ഈ ചർച്ച ഇങ്ങനെ പോകുന്നത് അല്ല ഇനി അദ്വൈതിക്ക് സ്വന്തം സിദ്ധാന്തം പറയാനാണെങ്കിൽ ആദ്യത്തെ ലക്ഷണം മതി വേറെ ലക്ഷണമൊന്നും വേണ്ട എന്താണ് സ്വമെന്ന് പറയുന്നത് ചിതാത്മാ അത് പ്രകാശസ്വരൂപമാണ് അതാണ് അതിന്റെ ലക്ഷണം എന്താ പ്രമാണ ശ്രുതി അപ്രോക്ഷാത് ബ്രഹ്മ ലക്ഷണപ്രമാണാഭ്യം വസ്തുസിദ്ധി ലക്ഷണമുണ്ട് പ്രമാണമുണ്ട് ശരിയായി ഒറ്റ ലക്ഷണം മതി അത് തന്നെ ലക്ഷണം സ്വസിദ്ധാന്തമനുസരിച്ച് പക്ഷെ മറ്റുള്ളവരുടെ സിദ്ധാന്തത്തെ കൂടി കണക്കിലെടുക്കുമ്പോൾ ചർച്ച നീണ്ടുപോകും അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എങ്ങനെയാണ് അദ്വൈതത്തെ വിശദീകരിക്കുന്നത് വ്യാഖ്യാനിക്കുന്നത് നിജസ്വയം പ്രകാശിക്കാം അതിന് ഈ വാദ കഥയിലൂടെ പോകുമ്പോഴാണ് അത് വ്യക്തമാവുന്നത് പക്ഷെ അത് അന്ന് നിലവിലിരുന്ന ചിന്താഗതികൾ അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് വളരെ ഗഹനമായി ചിന്തിച്ചിരുന്നു ആ ചിന്തയുടെ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിച്ചിട്ട് നിർണയത്തിലെത്തിച്ചേരുന്നു ഇതാണ് സ്വപ്രകാശം ഇന്നത്തെ മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ അല്ല പക്ഷെ നിർണ്ണയത്തിന് മാറ്റം ഒന്നുമില്ല ഇന്നത്തെ മനുഷ്യൻ ഇന്നത്തെ ശാസ്ത്രങ്ങളനുസരിച്ച് ചിന്തിച്ചാലും സ്വപ്രകാശം എന്ന് പറയുന്നത് ഇവിടെ തന്നെ എത്തിച്ചേരും എത്തിച്ചേരണം കാരണം സ്വപ്രകാശത്തിന്റെ ലക്ഷണത്തിന് മാറ്റമില്ലല്ലോ ആ തത്വത്തിന് മാറ്റമില്ലല്ലോ സൂര്യൻ എന്ന് പറയുന്ന ഒന്നിനെ പഴയ ആൾക്കാരെ ചിന്തിച്ചാലും ഇന്നത്തെ ആൾക്കാരെ ചിന്തിച്ചാലും സൂര്യൻ ഇത് അത് മാറുന്നില്ല പക്ഷെ അവരുടെ പഠനങ്ങളും നിഗമനങ്ങളും ഒക്കെ വേറെ വേറെയായിരിക്കും പക്ഷെ വസ്തു മാറുന്നില്ല അവരെ സുപ്രകാശമെന്ന് പറയുന്നതിന് ഇന്നത്തെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നിരൂപണം ചെയ്താലും പഴയ കാഴ്ചപ്പാടിൽ നിരൂപണം ചെയ്താലും ശരി അത് സുപ്രകാശം ഇത് തന്നെയാണ് തന്നെയാണ് അതിന് മാറ്റമൊന്നുമില്ല പക്ഷെ അതിൻ്റെ വ്യാഖ്യാനങ്ങളിലുള്ള വ്യത്യാസം അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഇന്നാരും തന്നെ സ്വപ്രകാശത്തെക്കുറിച്ച് ഇതുപോലെ ചിന്തിച്ചിട്ടില്ല ചിന്തയിലൂടെ നിർണയത്തിലെത്തിച്ചേർന്നിട്ടില്ല അതുകൊണ്ട് സ്വപ്രകാശം എന്തെന്ന് മനസ്സിലാക്കാൻ നമുക്കുള്ള ആകെ ഒരേ ഒരു വഴി എന്താണ് പ്രാചീന ഗ്രന്ഥങ്ങളാണ് ചുസ് പോലെയുള്ള ഗ്രന്ഥങ്ങളാണ് വരെ വഴിയില്ല അതിന്നാണ് മനസ്സിലാക്കുന്നത് ഇനി ഇന്നത്തെ ബുദ്ധിയും യുക്തിയും അറിവും വെച്ചാരെങ്കിലും സ്വപ്രകാശത്തെ സമർത്ഥിച്ചാൽ അവർ ഇവിടെ തന്നെ എത്തിച്ചേരുകയാണെങ്കിൽ ഈ പറയുന്ന തന്നെ എത്തിച്ചേരുകയാണെങ്കിൽ അത് നോക്ക് അംഗീകരിക്കാം അങ്ങനെ എത്തിച്ചേരണമെങ്കിൽ ആദ്യം എന്ത് വേണം വ്യക്തമായി ആ ലക്ഷ്യത്തെ ബോധം വേണം എങ്ങനെയാണിത് അവതരിപ്പിച്ചിരിക്കുന്നത് അതിനെ കുറിച്ച് ബോധം വേണം നമ്മൾ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് സുപ്രകാശ ലക്ഷണം ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് അതിനു പിന്നെ നമ്മുടെ അറിവനുസരിച്ച് ഇതിനെങ്ങനെയാണോ വിശദീകരിക്കാം മറ്റൊരു കാര്യം അപ്പൊ ഈ സയൻസിനെ കൂട്ടുപിടിക്കുന്നേ തെറ്റില്ല പക്ഷെ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ ശാസ്ത്രം തന്നെ വേണം ഇതിനെ വ്യാഖ്യാനിക്കാൻ മനസ്സിലാക്കിയിട്ട് ഏത് മാർഗങ്ങളെയും അവലംബിക്കാം അതിന് കഴിയുമെങ്കിൽ ആണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം